മനസ്സായ ഞാൻ ആരുമല്ല എത്രയോ ആളുകളുമായിട്ട് പൊരുതാനുപയോഗിച്ച അതേ ഗാന്ഡീവം അതേ അമ്പുകൾ അതേ കൈകൾ അതേ അർജുനൻ പക്ഷേ ആ പരാക്രമം ഇന്നില്ല ഇന്നൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല ഞാൻ വെറും ജീവശവം സഞ്ജീവയത്യലശക്തിരസ്വ നരണശ്രവണത്വകാദീൻ പ്രാണാന് ഭഗവതേ പുരുഷായുപ്യം ആരാണോ എൻറെ കൈകളെയും എന്റെ മനസ്സിനെയും എൻറെ ബുദ്ധിയേയും ചലിപ്പിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നതും ആ ഭഗവാൻ നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് അർജുനൻ മടക്കി വരിക വിവരമൊക്കെ കേട്ടു സർമ്മപത്ര മഹാരാജ ഇനി ഇവിടെ എന്നിട്ട് കാര്യമില്ല ഭഗവാൻ പോലും പോയി തന്റെ ജീവിതം അവസാനിക്കുന്ന രംഗം വന്നപ്പോൾ പെട്ടെന്ന് പരീക്ഷിച്ച് മഹാരാജാവിനെ രാജാവുമായിട്ട് അഭിഷേകം ചെയ്തു സർവ്വൈശ്വര്യങ്ങൾ സമർപ്പിച്ചു പാണ്ഡവരെല്ലാവരും കൂടെ രാജകീയ വേഷങ്ങള് രാജകീയ എല്ലാം ഉപേക്ഷിച്ചു ജട തലമുടി ജടയായിട്ട് പിടിച്ച് കെട്ടി അത് മരപുരി ഉടുത്തു എല്ലാം എല്ലാം ഉപേക്ഷിച്ച് അവളെ ഞങ്ങടെ ആരുമായിട്ടും ബന്ധമില്ല ോകവുമായിട്ട് ഒരു ബന്ധമല്ല പൂർണ്ണ വൈരാഗ്യവും വിരക്തിയും എന്താ എട്ടാനിയന്മാർ തമ്മിൽ പോലും മിണ്ടലില്ല ഒരാളോടും യാത്ര ചോദിച്ചില്ല എന്നിട്ട് അവള് ഏകാകി നിസ്പൃഹ ശാന്ത പാണിപാത്രോ ദിഗംബര കഥാശംഭോ ഭവിഷ്യാമി കർമ്മനിർമൂലക്ഷമ എന്ന് ഭർത്തകനോട് ചോദ്യമുണ്ട് ഏകാകി ഭഗവാനെ ഏകാകിയായിട്ട് നിസ്പൃഹനായിട്ട് ഒരാഗ്രഹവുമില്ലാതെ ശാന്തനായിട്ട് പാണിപാത്രോ ദിഗംബര കൈ മാത്രം പാത്രം ആരെങ്കിലും എന്തെങ്കിലും ഈ കയ്യിലിട്ടാ കഴിക്കാം ഇല്ലെങ്കിൽ വേണ്ട പാണിപാത്രോ ദിഗംബര കഥാ കഥാശംഭോ ഭവിഷ്യാമി കർമ്മനിർമൂലക്ഷമ എല്ലാവരും പാണ്ഡവന്മാർ മുഴുവൻ നിസ്പൃഹന്മാരായിട്ട് ഏകായികളായിട്ട് ദാ ജടയും പിടിച്ചു കെട്ടി മരപുലിയും ധരിച്ച് വടക്കോട്ട് വടക്കോട്ട് അങ്ങനെ നടന്ന് നടന്ന് പോയി എല്ലാ എല്ലാ ബന്ധങ്ങളും അറ്റ് ഇതിനാണ് മഹാപ്രസ്ഥാനം എന്ന് പറയാ ഇത് ഭാരതത്തിൽ പാഞ്ചാലി കൂടെ അവരുടെ കൂടെ പോകുന്നവരാണ് കാണുക ഭാഗവത്തിൽ അത് പറയുന്നില്ല അങ്ങനെ എല്ലാവരും നടന്നു പോകുമ്പോൾ പാഞ്ചാലിയാണ് ആദ്യം വീഴുന്നത് സഹദേവൻ വിളിച്ചു ചോദിക്കും ഏട്ടാ പാഞ്ചാലി വീണു ധർമ്മത്തിൽ പറഞ്ഞു ഉണ്ണി തിരിഞ്ഞു നോക്കണ്ട പോലും എന്താ പാഞ്ചാലി വീഴാൻ കാരണം എന്ന് ചോദിച്ചു പാഞ്ചാലിക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നാലും അർജുനനോട് മമത ഒച്ച കൂടുതലുണ്ടായിരുന്നു അതാ വീണമെന്ന് പറഞ്ഞു രണ്ടാമത് വീണത് സഹദേവനാണ് എന്താ ഏട്ടാ സഹദേവൻ വീണത് ചോദിച്ചത് നഗുരനാ അപ്പൊ എന്താ പറഞ്ഞു ഈ സഹദേവന്റെ ഒരു വിചാരം പൂജാതി കാര്യങ്ങൾ വീണത് ഒരു പിന്നെ വീണു പറഞ്ഞു നഗുരുടെ അഭിപ്രായമുണ്ട് സൗന്ദര്യം രകിച്ചു ആ അഭിമാനം അയാളും വീണു പിന്നെ വീണു അർജുനൻ ഭീമൻ ചോദിച്ചു എന്താ ഏട്ടാന്ന് അപ്പം പറഞ്ഞു അർജുനൻ്റെ വിചാരമുണ്ട് ലോകത്തിൽ എന്നെ ജയിക്കാൻ കഴിവുള്ള ഒരു വില്ലാളിയും ഇല്ല അഹങ്കാരം അയാളും പോയി ഭീമസാനം വീണു കിടന്നോട് ചോദിച്ചു ഏട്ടാ ഞാൻ വീണു എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം പറഞ്ഞു നിലക്കേ ഭക്ഷണത്തോട് വല്ലാതെ ആർത്തിയ ഭക്ഷണം കിട്ടിയാൽ വേറെ ആരും കഴിക്കുമോ എന്ന് മുഴുവൻ നിങ്ങൾ കഴിക്കും അങ്ങനെ ഏകനായിട്ട് സ്വർഗ്ഗം പോകുന്ന കഥയാണ് അതാണ് മഹാപ്രസ്ഥാനം എന്ന് പറയുക ഈ മഹാപ്രസ്ഥാനം അനുസ്മരിക്കുക ശ്രവിക്കുക കേൾക്കുക വളരെ പുണ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം ആചാര്യൻ അവസാനിപ്പിക്കുന്നത് ശ്രീസൂറ ഉൽ ദ്വിജവര്യ ശിക്ഷയാമീ മഹാഭാഗവത ശി സൂത്തമഭിജാതകോവിദ സമാതിശൻ വിപ മഹൽഗുണസ്ത സ ഉത്തരസയാ മൈരാവതീ ജനമേജയാദീം ചതുരസ്തൽപാദയൽ സുരാൻ ആജഹാരാശ്വേധാ സ്ത്രീൻ ഗംഗാ ഭൂരിദക്ഷിണ ഗുരു ദേവായാക്ഷി ഗോചരാ നിജഗ്രാഹസാവീരക്കലിം ദിഗ്വിജയേ കൊച്ചി നൃപലിംഗധരം ശൂദ്രംഘോനം കയഹേജ്രാഹകലിം ദിഗ്വിജയേ നൃപ നൃദേവചിഹ്നധൃക്ഷൂദ്രോസൗഗാ പദനൽ തൽക്കതാം മഹാഭാഗയതി കൃഷ്ണകഥാശ്രയം അഥവാ ഭോജമകരം ദലിഹാം സദാമ്യയേ അസദാ ലാവൈരായുഷോയസ ക്ഷുദ്രാഷാം നൃണമംഗമർമൃതമിക്ഷം ഇഹോ ബഹൂതോ ഭഗവാൻ മൃത്യുശാമിത്രം മണി നശിന്മ്രിയതാവസ്ഥ എത്തം ഹി ഭഗവാഹൂത പരമ ഋഷി അഹോ നൃലോകീയേതഹരിലീലമൃതം വച്ച മന്ദസ മന്ദ പ്രജ്ഞോ മന്ദാഷശ്ചൈ നിദ്രയാ നത്ഥകം അഭി അലിം പ്രവിഷ്ടം നിജ ചക്രവർത്തി നിശമ്യവാർത്തമനധി പ്രിയാം ശരാസനം സംയുഗശിരാ ദേ സ്വലം രഥം മൃഗേന്ദ്രധ്വ ശ്രിത പുരാൽ മൃദോരഥാശ്വത് വ്യപവർത്തിയുക്തയാസേനയാജയായ നിർഗത ഭദ്രാശം കേതുമാലഞ്ചാരതഞ്ചോത്തരാൻകുൻ പുരുഷാദീനി വരുഷാണി വിജിത്യേവലിം തത്ര തത്രോപൃണ് സ്വൂർവേഷാം മഹാത്മനം പ്രഗീയമാണഞ്ചമാത്മ്യസൂചകം ആത്മാനഞ്ച പരിത്രാതമത്ഥാ നോസ്ത്ര തേജസ സ്നേഹം ചൃഷിവാർനം േ തേ്യ പരമസന്തുഷ്ട പ്രീത്യുജംഭിതലോചന മഹാധന വാസാം ദൗഹാരാൻ മഹാമന സാരത് പാരശദ സേവന സഖ്യ ദൌത്യവീരാസനുഗമന പ്രണാൻ സ്നിഗ്ധേഷു പാണ്ഡുഷു ജഗൽ പ്രണതിഷണോർഭക്ീം കൃപതിശ്ചരണാരേ തസം വർത്തമാന പൂർവേഷം വൃത്തിമന്വഹം മാതിദൂരെ ബോധമേ ധർമ്മ പദൈക ചരന്ച്ഛാമുപലഭ്യാ പൃച്ഛതി സ്മാശ്രുവരം ശ്രീധർമ്മ ഉ ചിത്ഭദ്രേനാമയമാത്മനസ്തേ വിച്ഛാ സിംളായ ഷൺമുഖേന ആലക്ഷയേ ഭവതീമന്തരാധിം ദൂരെ ബന്ധു ശോചസി കഞ്ചനംബ പാദൈർന്യൂനം ശോചസി മൈക പാദമാത്മാനം വാ വൃഷളൈർഭോക്ഷ്യമാണം ആഹോസുരാധീൻഹതയജ്ഞാഗാൻ ഋതയജ്ഞഭാഗാൻ പ്രജാവു തവിന്മഘവത്യവരുഷതി അരക്ഷ്യമാണസ്ത്രിയ ഉർവിളാൻ ശോലസ്യഥോ പുരുഷാദൈരിചംം ദീം ബ്രഹ്മകുലേ കൂകർമ്മണ്യ രാജകുലേ കുലഗ്രൻ കിം ക്ഷത്രബന്ധൂൻ കലിനോപൃഷ്ടാൻ രാഷ്ട്രാണി വൈരവരോപിതാ ഇതോ വാശനപാനവാസ സ്നവ്യവാൻമുഖ ജീവലോകം യവാംബ തേ ഭൂരിഭരാവതാരതാരധരി ഭവാൻ ഹി വേദ തൽസം യന്മാം ധർമാണ പൃച്ഛസി ചതുർഭർത്തസേന പാദയർലോകുഭാവഹ സത്യം ശൌചം ദയാക്ഷാതിന്തുഷാർജവം ശമോദമസ്ത സാമ്യം തിരിക്ഷോഭരതി ശ്രുതം ജ്ഞാനം വിരക്തിരൈശ്വര്യം ശൌര്യം തേജോ ബലം സ്മൃതി സ്വാതന്ത്ര്യം കൗശലം കാന്തിർധൈര്യ മാർവമേ ചാഗൽഭ്യം പ്രശ്രയശീലം സഹോജോ ബലം ഭഗ ഗാഭീര്യം സ്ഥൈര്യം ം കീർത്തിനോനഹം എേ ചകവൻ നിത്യാത്ര മഹാഗുണ പ്രാർത്ഥ്യ മഹത്വമർ വിയ്യമ കരി ചി തേനഹം ഗുണപാത്രേണ ശ്രീനിവാസന സാം ശോചാ രഹിതം ലോകം പത്മന കലിനേക്ഷിതം ആത്മാനം ചാൻശോചാ ചാമരോത്തമം ദേവാൻ പിതൃ ഋഷീൻ സാധൂൻ സർവാൻ വർണ്ണം തമാൻ ബ്രഹ്മാദയോ ബഹുതിഥയ തവാ തപസമതരൻ साश्री പ്രപന്ന സാ ശ്രീസ്വസമരവിന്ദവനം വിഹായ യൽ പാദസൗഭഗം അലം ഭജതേനുരക്തഹമബ്ജകുലിഷുശകേതുകേതയ ശ്രീ സ്ത്രീന തരോചൗപലഭ്യതോ വിഭൂതി ലോകാൻ സമാ വ്യസജദ ദുൽസ്മയതീം തദന്തേ യോ വൈ മമാതിഭരമാസുരവംശരാജാമൗഹിണീ ശതമഭുദൽ ആത്മതന്ത്ര ന്തുസ്ഥൂനപദമാത്മനി പരുഷേണ േതവിരഹം പുരുഷോത്തമസ്യേമാവലോകരുചിരശ്തവൽഗുജൽപ്പൈ സ്ഥൈര്യ സമാനമഹരൻ മധുമാനിമോത്സവോ മമ യ്രിവിടങ്കിതായ തയോരവം കഥയതോ പൃഥിധർമ്മയോ സരീക്ഷിന്മാമ രാജി പ്രാപ്രാചീം സരസ്വതീം ഇതി ശ്രീമദ്ഭാഗവത പൃഥ്വീധർമ്മ സംവാദോ നമ ഷോടോധ്യയസർത് ഗോവിനമ സംവി ൂരം സഹകാണ്ട ൂതലേനു പേജ മാംഭം മയ് ശാസ്ത്രീ യേധിവി തസ്സ്യീർത്തിയുർഭോ ഗതിഷ രാജ്യാം അതേനം വധിഷ്യമസം കൂസൗദുഷ്പ മാ ഭൂവം രാഷ്ട്രേ രാജ്യം അനുവർത്തനം ആഗതാഗതം ആത്മവൈരുപയ്യം ജനേനുശ ആഹത്തുജം സാക്ഷാ അമർഗം ജാജ്മൂഹി പരമോധർമ്മ സ്വധർമ്മസ്ഥാരി ശാസ്ത്രോന യഥാസ്ത്രമനാശീധർമ്മ അനിർദ്ദേശം <laughs> ശ്രീരാജോഷർ സൂചകസാഭവമായാസോ വാത നിശ്യാസർശൈ തയോക്ത സ്മയസംഗർ സത്യം നിവർത്തിതിഹീഞ്ചയോ മഹാരഥാർഗം കലേധർമ്മഹേതേ തം ജിഹാം വിഹായ നൃഫലഞ്ചനം തൽപാ ശിരസാവിതീരവൽ लो शरीरनिं नवादियैः श्रोक्य अहजेदं ह सन्निवासि राजोवया नदे गुडागे शेषोदराणाम् बेद्दाञ्जले वैभयमस्ते हिन्जिल न वक्तिदैव्यं भवदागसंजन क्षेते मदीये तव धर्मबिन्दु त्वं मत्मानं नरदेव देहेषेण प्रवृत्तो यमधर्मभूगा लोहोददम जौर्यवनार्यमहो इष्टाजमाया कलाहष्टदेंभा न वक्तिदैव्यं धर्मो धर्मभेन्दो धम्मेण सत्येण वक्तिदैव्यं ब्रह्मावते यते यदित्येश्वरं एतैविदारविज्ञा यस्मेन हरि भगवान् ज्ञेमान इद्यामोति यजाम शन्दनोही കാമാൻ അമോഹൻ സ്ഥിരജംഗമാനം അന്തർബിർ വായു വൈശാൽ വാച പരീക്ഷ ദൈവം ആദിഷ്ട സകല ജാദവേ ബു തണിമോ യംസം നിർദ്ദേഷ്ടം അഭ്യർത്ഥി പാനം തിരിയസൂന യർമ്മശ്ചതു പുനശ്ചേ അജയമാതൃ തോദം രജോ വൈരഞ്ജ പഞ്ചമം അമോനി പഞ്ചസ്ഥാന ഹ്യധർമ്മ പ്രഭവക്കലി ഔത്തരേണ ദേശകൾ അതെ ഇതായിരുന്നു സേവ്യത ഭൂഷു ൗരവേന്ദ്ര ശ്രീസൻ ഗേ മഹാശ്ചക്വർത്തിക്ഷൂണിം യുവയം സത്രായ ദീക്ഷിത മഹാപുരാണേതായ ർജം വിജ്ഞാദിത സംസ് വൈയാസോഷ്യോ ഗംഗാസും നോത്തമ ശ്ലോകവാർ ജുഷദം സാഭ്രോന്തകൾ പദാംബുജം താവൽക്കലിർ പ്രഭവേ പ്രവിഷ്ടോഭി താവതി യസ് ഭഗവാൻ സർജേഹേ വർദേ ഉപവർണേ്യം പരീക്ഷിതം മയാ വാസുദേവോമാർ ഗുണകർമാശ്രൂവാസമാസോ ൃഷണർഗ്യോ മഹത്തമൈ കാന്ദ പരാണസം ഗുണാനോ മഹത്തമൈ കാന്ദ്രേരുദാരം ചരിതം വിശുദ്ധം ശുശ്രൂഷനോ മഹാഗവത പരീക്ഷി ൃദ്ധാന് <Sessly> വൃത്തൗ്യമാധി അതിശായന സിതരാൻ പ്രാർത്ഥയതോ വിഭൂതിരിയേണു ജുഷതേനോ അഥാൽ നഖാവസൃം ജഗദ്വിരിഞ്ചോപഹൃതം ലോകേ ഭഗവത് പദാർ യത്രക്ത സഹസൈധീരാഹാഷമൂഢം വ്രജന്തിൽ പാരഹംസ്യമന്ത്യസ്മന്നിംസോശമസ്വധർ അഹം ഹേ പൃഷ്ടോ രമണോ രാ ആചക്ഷ ആത്മാവകമോയ ആ ജക്ഷ ആത്മാവകമോ ോചനം പ്രതിരുദ്ധേന്ദിര പ്രാണമനോധ്യമുഭാരതം സ്ഥാനത്രയാൽ പരം പ്രാപ്തം ബ്രഹ്മഭൂതമ വിപ്രകീർണാച്ഛം രൗരവേണി ചാഷ്യത്ത ീ വിഹര ാഖം പ്രാവിതം താതം ശ്രുവാത്രേതബ്രവീ അഹോ അധർമ്മ പാലാ പീ ബലിഭുജാ സ്വാമം യാസാ ദവരാണുന ബ്രാഹ്മണേ ഉപസൃശ്യംസർജിതമരയാദം തക്ഷകേഹ്യമ കാരം ചോദി താലോ സർപ്പം വിരോധാ സവ ആംഗിരസോപ്രമൻസ്തു അസൊദ വിലാപനം ഉന്മീലാശനകേത്രത്തെ ദൃഷ്ട્વા സ്വാം സേ മൃദോരഗം വിസൃജ്യപുത്രം ബപ്രച വത്സകസ്മാധിരോദിശേകേന വാതേപ്രകൃതമിത്യുക്തസ്സ നെവേയേൽ നിശമ്യാശപ്തമതധർഘം നരേന്ദ്രം സബ്രാഹ്മണോ നാലപജമഭ്യതന്തൽ അഹോബദാം ഹോമഹദത്മദേ കൃത അൽപീയ സീത്രോഹുരുർത്തമോദ്രദ നവയെ നവേ നവേ നിർഭേ നരദേവം വരാക്യം സമാദമർഹതേ വിബക്കപുത്തേ യത്യേജസാദുർവിഷേണ ഗുപ്താ വിന്ദന്തി ഭദ്രാണ্নেകുദോഭയാ പ്രജാ അല ൃഞ്ജു ശ്രിയോരുതൃം വർണാമാനിവേശിതാത്മനം കവീനർഗരാ ധർമ്മോ നരവധി സത് സമ്രാട് ഗൃഹശ്രവാ സാക്ഷാത് മഹാഭാഗവതോ രാജർയാത്രമോസ്മർഹതി അപാവേ സമൃത്യേഷൻ സർവാൽപക്ഷഹതിരസ്കൃത വിപ്ധിപതാസ്യതൽ പ്രതികുറന്ത് തൽഭക്തവോ വി പുത്രകൃതോനോ മഹാമുനി സ്വയം വിപതോരാജ്ഞാ നൈവാകം തദ്ചിന്തയൽ പ്രായശസാധവോ ലോകേ ന േർദ്ദേഷി യോജിതൂതൽം വിചിന്തം അഹോമയാൽ നിരാഗസി ബ്രഹ്മണി ഗൂഢ തേജസിതേന ുരം നീർഘാൽ തടസ്തു കാമം നിഷ്ട്രേവ്യോശം പ്രകോപിത ബ്രഹ്മകുലോ മേ ദഹ് പുനർത്തയഥോദ്യോക്തോ നിരതിരെ തക്ഷകലം പ്രസക്ത വിരക്തിമുഞ്ച ലോകം വിമർശിതൗ ഹേതയാ പുരസ്ത കൃഷ്ണഘ്രി സേവാമധിമന്യമാനോഭാ വിഷൽ പ്രായമർത്തിയാം യൈലസ്രീ തുളസീ വിമിശ്ര കൃഷ്ണാഘ്രിരേണ് അഭ്യധികം പുനതിലോകാനുഭയത്ര ശേഷാൻ കൈവേദമരിഷ്യമാണ നിവച്ഛി സ പാൺഡവേ പ്രായപേശം പ്രതി വിഷ്ണു ദുന്യഭാവോ മുനിമുരോ മുതംഗജമുഭുനം പുനുഭാവാമുനയ സശിഷ്യ പ്രാണ തീർഭിഗമായും ഹി തീർത്തി സന്ത അത്രിശ്ചനക്ഷരദ്ർഭുഗുരംഗിരാ ോതിഥിഷ്ടിശകുഭയോനിദശ് അഹി വരെയുടാർഷേ പ്രവരാൻ സമേതരാജ്യ ശിരസാവേഖോഷ്ടേ ഭൂയ പ്രണമ ീർിതൽ വിജ്ഞാപയാതൊരേ വിഗ്രഹീത പാണി രാജോ വാച ന്യതമാ നൃപാണം മഹത്തമാനുഗ്രഹണീയശീലാരാങ്കുലം ബ്രാഹ്മണപാദശൗചാദൂരാസൃഷ്ടം ബത ഗർഹ്യകർമ്മ തേഘ്യ പരാവരേഷ്യാസക്തചിത്ത ഗൃഹേഷീക്ഷണംവേദമൂലോ ദ്ജഷാപരുപോയത്ര പ്രസക്തോ ഭയമാചുധത്തേ തം മോപയാതം പ്രതിയെന്ത വിപ്രാഗംഗാ ചേവീധൃതചിത്തമീശേ ദ്ജോപൃഷ്ടുഹഗസ്തക്ഷഗോവാദശലംഗാത വിഷ്ണുരാധാ പുനശ്ചൂയാൽ ഭഗവത്യന്തരതി പ്രസംഗശ്ച താശ്രയേഷു മഹൽസു യാമി സൃഷ്ടിം മൈത്രിയസ്തുത്ര നമോ ദ്വിജേഭ്യമ രാജാധ്യവസായുക്താചീനമൂലേഷു കുശേഷു ധീര ഉദന്മുഖോ ദക്ഷിണകൂലാസ്തേ സമുദ്രപത്നാസ്വസുധന്യസ്താരം ചതസ്മര ദേ പ്രാപവിഷ്ടേ ദിവി ദാ പ്രശസ് ഭൂമൗ വ്യകിരൻ പ്രസൂനൈർമുദു ദുന്ദുഹയ മഹർഷയോ സമുഗതാധ്വീത്യുമോദമാന ഊചു പ്രജനുഗ്രഹശീലസാരാ യുത്തമ ശ്ലോകഗുണാഭിപം നഷി വര്യത്രം കൃഷ്ണം സമനോതേഷു ഏധ്യസനം രാജഗിരീടുഷ്ടം സദ്യോജഹൂഭവൽ പാർവ്വകം താവതിഹാസ്മഹേദ്യാവയ ലോകം പരം വിരജസ്കം വിശ്വസം യം ഭാഗവത പ്രധാന ആശ്രുത്യ ദൃശിഗണവഗരീക്ഷിൽ സമം അധുചിത് ഗുരുചാവ്യളീകം ആ ഭാഷ ദൈനഭിനയുക്ത ശുശ്രൂഷമാണ ചരിത വിഷ്ണോ സമാഗത സർവേ വേദയഥ മൂർത്തിധരാ ത്രിപൃേ നഥവാത്രജ കശ്ചന പരാനുഗ്രഹം ആത്മശീലം തതശ്ച്യമം വിപൃച്ഛേ വിശ്രഭ്യപ്ര കൃത്യതയാം സർവാത്മന്രിയണശ്ച കൃത്യം ശുദ്ധം ചമൃശത അഭിയുക്ത ഭഗവാൻ വ്യാസപുത്രയൂച്ഛയാ ഗാമഠമാനോനപേക്ഷ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടോ വൃതസ്ത്രീ ബാളൈ അവധൂ നവധൂതവേഷത്ര ഗോവിന്ദന സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഷം സുകുമാരപാദകരോരുബാഹ്വാംസ കപോലഗാത്രം ചാർവായദാക്ഷോന്നസതുല്യകർമ്മുഭ്വാനനം കമ്പുസുജാതകണ്ഠം നിഗൂഢശത്രു പൃഥുതുംഗവക്ഷസം ആവർത്തമാഭിം വളിവൽകൂതരഞ്ചിഗംബരം വക്ത്രവീർണകേശം പ്രലംബാഹു സ്വമരോത്തമാഭം श्यामं सदाच्य व्यों गलश स्त्रीण मनोज रुचिस्म प्रत्युत्थिता मुनय स्वासने लक्ष्मण अभी गूढ़वर्चस विष्णुरा दिधयागताय तस्म सबलिया शिसा जहारा महासनी सोप पूजिता स संवृतस्त ब्रह्म ഋഷിരാജിദേവി സങ്കോജതാലം ഭഗവാൻ യഥേന്ദു ഗ്രഹർഷതാരാ നികരൈ പ്രശാന്തമാസീനമകുണ്ഠമേധസം മുനി നൃപോ ഭാഗവതോഭ്യുപേറ്റ പ്രണമ്യമൂർധനാവർ ഗിരാ സൂനൃതയാ അന്വപൃച്ഛൽ പരീക്ഷിതുവാച അഹോ അദ്യ വയം ബ്രഹ്മൻ സത്സെയ്യക്ഷത്രന്ധവ കൃപയാ തിഥിണഭീർകൃതം സംസ്മരണൽപ്പുംസാം സത്യശുദ്ധിയൈ ഗൃഹ ം പുനർദർശന സ് പരിശപാദശൗസിധ്യാത്തേ മഹായോൻ ോ നശ്യൈ പുംസാം വിഷ്ണോരിവ സുരേതരാ അഭിമേ ഭഗവാൻ പ്രേത കൃഷ്ണ പാണ്ഡുസുത പ്രിയ പൈതൃശ്യസേ പ്രീത്യഥം തൽഗോത്രയഥ്യക്തേർ ദർശനം കഥം നൃണ നിതരാം മ്രിയം സംസിദ്ധ്യ വനീയസ അത പൃച്ഛാമി സംസിദ്ധി യോഗി പരമം ഗുരു പുരുഷസേ ഹയൽക്കാര്യം മിയമാണ യോതവ്യം അഥോ ജപ്യംകർത്തഭോ സ്മർവ്യജനീയം വ്രൂഹീയദ്ധ വിപര്യ നൂനം ഭഗവതോ ബ്രഹ്മൻ ഗൃഹേഷു ഗൃഹമേഥി നക്ഷ്യത്തെ ഹ്യവസ്ഥാനമി ഗോദോഹനം കുചിൽ ശ്രീസൂതൗ ഉചേമാഭാഷിത പൃഷ്ടസ രാജാശ്ലക്ഷ്മയാ ഗിരാ പ്രത്യഭാഷതോ ഭഗവാൻ ീരി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസ്യം അഷ്ടാദ സഹസ്രിയ പാരഹംസ്യം സമഹിത പ്രഥമസ്കന്ധേ ശുക്കാഗമന ഏകോനവിംശോധ്യ ഗോവിന്ദമാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പാണ്ഡവന്മാരുടെ മഹായാനത്തെ തുടർന്ന് പരീക്ഷിത് മഹാരാജാവായി അദ്ദേഹത്തിന് പ്രജാപാലനം എന്നുള്ളത് ഒട്ടും പ്രയാസമുള്ളൊരു കാര്യായിരുന്നില്ല ഒന്നാമത് അദ്ദേഹത്തിന് നല്ല ഉറച്ച വിശ്വാസമുണ്ട് ഭഗവാനാണ് എല്ലാം രക്ഷിക്കുന്നത് തന്നെ പോലും രക്ഷിച്ചത് ഭഗവാനാണ് ഇതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരാദി ലീലകൾ മുഴുവൻ നടത്തുന്നത് അവിടുന്നാണ് എന്ന് ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് ആശ്രയിച്ച് അങ്ങനെ ജീവിക്കുക പ്രതികൾക്ക് എല്ലാവിധ ക്ഷേമങ്ങളും ഭഗവാൻ കരുണാമൂർത്തി നൽകിക്കോളും എന്ന ഉത്തമവിശ്വാസം അദ്ദേഹത്തെ നയിച്ചിരുന്നു പക്ഷെ ഇതൊക്കെയാണെങ്കിലും പരീക്ഷത്തിന്റെ സത്ഭരണത്തിന് എതിരായിട്ട് അതിനെ തുരങ്കം വയ്ക്കാനായിട്ടൊരു ശക്തി പ്രവർത്തിക്കുന്നു എന്ന് ചാരന്മാരിൽ നിന്ന് വിവരം ലഭിച്ചു പക്ഷെ ആരാണ് ആ ശക്തി എന്ന് കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നുമില്ല ഒടുവിൽ പരീക്ഷിച്ച് തന്നെ വേഷപ്രച്ഛന്നനായിട്ട് സഞ്ചരിച്ചു പലയിടത്തും സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ എവിടെ ചെന്നാലും ഭഗവത് ഭക്തന്മാര് ഭഗവത്കഥകൾ പാടുക ശ്രോതാക്കളത് കേട്ട് ആനന്ദഭരിതരായിട്ട് ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യുക ഇതുപോലുള്ള ആനന്ദ സന്ദകങ്ങളായ അവസരങ്ങളാണ് അദ്ദേഹത്തിന് എവിടെയും ലഭിച്ചത് പക്ഷേ അങ്ങനെ പലതിരിക്കലും സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ ഒരിടത്ത് കണ്ട ഒരു രംഗം അദ്ദേഹത്തെ വല്ലാതെ അമ്പരപ്പിച്ചു ഒരു കാളക്കുട്ടിയും ഒരു പശുവും തമ്മിലുള്ള സംവാദമാണ് എന്റെ കുട്ട നിന്റെ കാലൊക്കെ പോയിലോ എന്ന് പശു ഏ അമ്മയെ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും നമ്മളെന്രാൻ ദുഃഖിക്കണേ കാല് തന്നതും ഈശ്വരൻ ആ കാലു തിരിയെ കൊണ്ടുപോകുന്നതും ഈശ്വരൻ ഓരോരുത്തർ അവരവരുടെ കർമ്മഫലം അനുഭവിക്കണോന്നല്ലാതെ അതിന് മറ്റൊരാളെ പഴി ചാരുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ പരീക്ഷിച്ച് ശ്രദ്ധിച്ചപ്പോഴാണ് ആ കാല് നഷ്ടപ്പെട്ട ആള് സാക്ഷാൽ ധർമ്മദേവനാണ് എന്ന് മനസ്സിലായത് സത്യം ശൌചം ദയാ ഇല്ലെങ്കിൽ തപശൌചം ദയാ ഇത് മൂന്നും നഷ്ടപ്പെട്ടു സത്യം മാത്രം ബാക്കി നിൽക്കുന്നു ഭൂമിദേവിയാണ് പശു ഗോമാതാവായിട്ട് ഇതാ ധർമ്മത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ അന്യോന്യം ആശ്വസിപ്പിച്ചു നിൽക്കുന്നു അമ്മ മകനെയും മകൻ അമ്മയെയും ആരാണ് ീനകൃത്യം ചെയ്യുന്നത് എന്ന് പരീക്ഷിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഇതാ രാജകീയ വേഷചിഹ്നങ്ങളോടുകൂടി ഒരുത്തൻ വരണൂന്നല്ല കാളക്കൂറ്റന് അവശേഷിച്ച നാലാമത്തെ പാദവും വെട്ടി നുറുക്കാൻ അയാൾ ശ്രമിക്കുക സത്യവും കൂടി ലോകത്ത് നിന്ന് അസ്തമിക്കുക എന്ന് ഘട്ടം വന്നപ്പോൾ സത്യമേവ ജയതെ പൈഷ്യതിന് സഹിച്ചില്ല പെട്ടെന്ന് ചെന്ന അയാളെ നിഗ്രഹിക്കാൻ ശ്രമിച്ചു പക്ഷേ അയാള് മഹാസൂത്രക്കാരൻ കാലിൽ വീണ് മാപ്പിരന്നു ക്ഷത്രിയൻ ക്ഷതാൽഖിലത്രായതെ ക്ഷത്രിയ ധർമ്മമാണത് തന്നെ ശരണം പ്രാപിച്ച ആളുകളെ ജീവിക്കാൻ അനുവദിക്കുക എന്നത് ധർമ്മമാണ് അതുകൊണ്ട് ആ കലിയെ ധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച ആളെപ്പോലും മഹാരാജാവിന് വെറുതെ വിടേണ്ടി വന്നു